ദേവനാമത്തിൻ്റെ മഹത്വം ഇന്ന് ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമുക്കിത്രയും പേർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഒന്നിച്ച് ഐക്യതയോടെ സ്നേഹത്തോടെ ആയിരിക്കാനിടയാക്കുന്നല്ലോ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വചനം നമുക്ക് നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനം അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാവുന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിനെ പിൻഗമിക്കാനായിട്ട് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ദുഃഖകരമായ ഏറ്റവും ട്രാജിക്കായ ഒരു അനുഭവം ആരുടെയാണെന്ന് ചോദിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ്റെതാണ് ആ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പതിനെട്ട് മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ട് മുതൽ നമ്മളിപ്പോൾ വായിച്ച ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് ഈ സംഭവം കാണാനായിട്ട് കഴിയും ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിലെ വിലയുള്ളവൻ ധനികൻ അവൻ വന്നിട്ട് നല്ല ഉദ്ദേശത്തോടെ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവേ നല്ല ഗുരു എന്നാണ് അവൻ്റെ സംബോധന ഗുരു എന്നാണ് ടീച്ചർ എന്നാണ് സംഭാ സംബോധന കർത്താവേ എന്നല്ല നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു യേശു ഉടനെ അല്പസ്വല്പം വിചിത്രം എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിനെ തുടർന്ന് നടത്തുന്നത് കർത്താവ് പറയുന്നു നീ എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്തിനാണ് സത്യത്തിൽ ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരെങ്കിലും ഉണ്ടോ എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് അവനോട് പറഞ്ഞു ഉടനെ അവൻ പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് യേശു യേശു അവനോട് നിനക്കൊരു കുറവുണ്ട് എന്താണ് നിൻ്റെ കുറവ് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് ആ ദുഃഖകരമായ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് തുടർന്ന് നമ്മൾ കാണുന്നത് ഇത് കേട്ടിട്ട് അവൻ എത്രയും ധനവ അവൻ എത്രയും ധനവാനായതുകൊണ്ട് ഇത് കേട്ടിട്ട് അവൻ അതി ദുഃഖിതനായിത്തീർന്നു എന്നിട്ട് യേശു അവനെ കണ്ടിട്ട് യേശു അവനെ നോക്കി എന്നാണ് ഇംഗ്ലീഷിൽ ഒരു വെർഷനിൽ നമ്മൾ കാണുന്നത് യേശു അവനെ അപ്പോൾ നോക്കി അതി ദുഃഖിതനായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കി എന്നിട്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചികുഴയൂടെ കിടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു അതിനുള്ള മറുപടിയായിട്ടാണ് യേശു പറഞ്ഞത് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു ആ സംഭവം അവിടെ അവസാനിക്കുക പ്രിയപ്പെട്ടവർ ഈ ഇത് നമ്മുടെ സാധാരണ നിലയിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് പിടികിട്ടാത്ത പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അന്തർഭവിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ ഇവിടെ അവനോട് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ നീ നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ നിനക്ക് നിത്യതയിലേ പ്രവേശിക്കാം എന്നാണോ കർത്താവ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പറഞ്ഞതായിട്ടാണ് നമുക്ക് തോന്നുന്നത് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്നിട്ട് എന്നെ അനുഗമിക്കുക ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഇവിടെയാണ് യേശു വന്നെത്തിയത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലർ പറയാറുണ്ട് പണം പണം ആ പണം നമ്മൾ അത് നമ്മൾ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിന് നമുക്ക് തടസ്സമാണ് തടസ്സമാണ് അത് വിറ്റ് നമ്മൾ ദരിദ്രർക്ക് കൊടുക്കണം കർത്താവ് ഇവിടെ അത് പറഞ്ഞല്ലോ എന്നാൽ നമ്മൾ ദൈവവചനത്തിലെ ഏത് കാര്യത്തെയും ഒരു വാക്യം കൊണ്ടോ ഒരു സംഭവം കൊണ്ടോ അല്ല നമ്മളതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ടത് ബൈബിളിൽ ഒരിടത്തും വേറൊരിടത്തും കർത്താവ് പറഞ്ഞ രംഗങ്ങളിലൊന്നും നമ്മൾ നമ്മുടെ പണം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ നമ്മളെ സ്വർഗരാജ്യത്തെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടില്ല അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഭൗതികമായ വസ്തുക്കൾ നമ്മൾ വിറ്റ് പാവപ്പെട്ടവരെ സഹായിച്ചാൽ ഉടനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായി ഒരു തകരാറുണ്ട് എന്താ തകരാറ് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്വർഗപ്രവേശം എന്ന് വരും അങ്ങനെയല്ലല്ലോ കർത്താവിൻ്റെ കരുണയിലാണ് അപ്പോൾ പിന്നെ പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുമുണ്ടല്ലോ ഇത് അനുഗമിക്കുക നീ ഇത് വിറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളവിടെ നോക്ക് അവന് അവൻ വന്നു അവന് വലിയ ധനികനായിരുന്നു ധനികനായിരുന്നു താൻ ധനവാനായതുകൊണ്ട് ഇത് കേട്ടിട്ട് എത്രയും അതിദുഖിതനായി തീർന്നു എന്ന ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ധനവാനായിരുന്നു എന്നാൽ ധനവാനായിരുന്നു എന്നുള്ളത് മാത്രമാണോ അവൻ്റെ പ്ലസ് പോയിൻ്റ് അവനെ അവനെ സമൂഹത്തിൽ അംഗീകാരമുള്ളവനാക്കുന്നത് അല്ല അത് മാത്രം ആ ആ കാര്യം മാറ്റി വച്ചാലും അവന് ഒത്തിരി കാര്യങ്ങളിൽ അവന് പുകഴ്ചയുണ്ട് എന്താ അവൻ പറയുന്നത് യേശു അവനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു ദൈവം ഒരുവനല്ലാതെ നല്ലവനാരുമില്ല വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിൻ്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക ഈ കാര്യങ്ങളെല്ലാം കർത്താവ് അവനോട് പറയുന്നുണ്ട് അഞ്ച് കൽപ്പനകളാണ് കർത്താവ് എടുത്ത് പറയുന്നത് ഏതൊക്കെയാണ് നമ്മളൊന്ന് എണ്ണമിട്ട് നോക്കിയാൽ അഞ്ച് കാര്യങ്ങളാണ് വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഒക്കെ ചെയ്യണം എന്നാണ് കർത്താവോടെ പറഞ്ഞത് അത് കേൾക്കുമ്പോഴും നമുക്കൊരു നമ്മളിതേ വരെ പറഞ്ഞു വന്ന കാര്യങ്ങളോട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളോട് അത് ചേർന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല പഴയ നിയമത്തിലെ കുറേ കൽപ്പനകൾ പാലിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യജീവനിൽ എത്തുമോ കർത്താവ് എന്തായി പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് ഇവനെ നോക്കി ഇവനെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ മറ്റൊരു സുവിശേഷത്തിലെ കാണുന്നത് ഇവനെ സ്നേഹിച്ച് ഇവൻറ്റേതായ എല്ലാ പ്രത്യേകതകളോടുകൂടെ കർത്താവ് അവനെ അവനെ ഇഷ്ടപ്പെട്ടിട്ട് അവൻ്റെ പ്രത്യേക പ്രശ്നത്തിന് കർത്താവ് ഒരു മറുപടി നിർദ്ദേശിക്കുന്നു എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെ കണ്ടാൽ നമുക്ക് നമ്മുടെ മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾക്ക് മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഇവനോട് പറഞ്ഞത് അഞ്ച് കൽപ്പനകളാണ് പത്ത് കൽപ്പനകളാണല്ലോ പഴയ നിയമത്തിൽ കൊടുത്തിട്ടുള്ളത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് കാണുന്നു ഇരുപതാം അധ്യായത്തിൽ നോക്കുക കൽപ്പനകൾ എത്ര കൽപ്പനകൾ പണ്ട് ഒരു സൺഡേ സ്കൂളിൽ ചോദിച്ചു കൽപ്പനകൾ എത്ര ഉടനെ ചില കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞു എട്ട് കൽപ്പന ചിലർ ഏഴെന്ന് പറഞ്ഞു ചിലർ അഞ്ചെന്ന് പറഞ്ഞു ഒമ്പതെന്ന് പറഞ്ഞവരുണ്ട് ചിലർ പത്തെന്ന് പറഞ്ഞു അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ടീച്ചറിനോട് മൂപ്പം ചോദിച്ചു ആട്ടെ ടീച്ചർ ഇവരെ ഇത്രയൊക്കെ പഠിപ്പിച്ച് ആർക്കും ഒരു വ്യക്തത ഇല്ലല്ലോ ടീച്ചർ എത്ര കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു ഉടനെ ടീച്ചർ പറഞ്ഞു പതിനൊന്ന് കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞു ആ ഇവരെ എങ്ങനെയാണ് ഇനി ടീച്ചറാക്കി വെക്കുന്നു പത്ത് കൽപ്പന ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാതായിരിക്കേ ഈ ടീച്ചർ പറയുക പതിനൊന്ന് കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു ചുമ്മാതല്ല ഇവർ പഠിപ്പിച്ച കുട്ടികൾ എന്താ പറയുന്നത് ഏഴെന്നും എട്ടെന്നും അഞ്ചെന്ന് നാലെന്ന് മൂന്നെന്നും ചിലർ പത്തെന്നൊക്കെ പറയുന്നത് എന്ന മൂപ്പം വിചാരിച്ചിട്ട് ഇവരെ ഇനി ഈ പണി ഏൽപ്പിക്കരുത് എന്ന് വിചാരിച്ചപ്പോൾ എങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വീണ്ടും അവരോട് ചോദിച്ചു കളയാമെന്ന് ചോദിച്ച് വിചാരിച്ച് അവരോട് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അവരെ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നിന്നൊരു വാക്യം പറഞ്ഞു എന്താ കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു എന്താ നിങ്ങളെ സ്നേഹിക്കണം നമുക്കറിയാം ഞാൻ ആ കാര്യം പറയാനല്ല വന്നത് പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ അപ്പോൾ നിങ്ങൾ മൂപ്പൻ വിചാരിച്ച പത്ത് കൽപ്പനയെ ഉള്ളെന്നാണ് വിചാരിച്ചത് എന്നാൽ പതിനൊന്നാമത് ഞാനൊരു പുതിയ കൽപ്പന പുതിയ കൽപ്പന പത്ത് കൽപ്പന കൂടാതെ പതിനൊന്നാമതൊരു കൽപ്പനയൂടെ തരുന്നു എന്ന കർത്താവ് യോഹനൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ആണ് പതിനൊന്ന് കൽപ്പനയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ മൂപ്പനെന്ത് ചെയ്തു കൈരണ്ട് ഉയർത്തി ഇവരുമത് തന്നെ മതി നീ ടീച്ചറ് ഏ കുട്ടികളെ പഠിപ്പിക്കാൻ ഇത്രയും യോഗ്യയായ വേറൊരാളില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് കഥ കഥ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം കൽപ്പനകൾ എത്ര ഉണ്ട് കൽപ്പനകൾ നമുക്ക് അതിൻ്റെ നമ്മൾ പ പഠിച്ചു വന്ന രീതി അനുസരിച്ച് നമുക്ക് പറയാം പത്ത് കൽപ്പനകളാണ് ഈ പത്ത് കൽപ്പനകളിൽ ഈ പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തെ നോക്കുമ്പോൾ ഈ പത്ത് കൽപ്പനകളെ രണ്ടായിട്ട് വിഭജിക്കാൻ കഴിയും ആദ്യത്തെ കൽപ്പന ഇരുപതിൻ്റെ പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് നാലാമത്തെ വാക്യത്തിൽ ഒരു വിഗ്രഹമുണ്ടാക്കരുത് കത്തോലിക്കരായ സഹോദരന്മാർ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരൊറ്റ കൽപ്പനയാക്കിയിരിക്കുക ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്നുള്ളതിനെ പ്രത്യേക കൽപ്പനയാക്കാതാണ് അവർ പഠിപ്പിക്കുന്നത് പോട്ടെ നമ്മൾ നോക്കുമ്പോൾ മറ്റ് ദൈവങ്ങൾ ഉണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ദൈവമായ നാമം വൃഥായെടുക്കരുത് എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശവത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം ഈ നാല് കൽപ്പനകൾ ഒരു ഗണത്തിൽപ്പെടുന്നു പിന്നുള്ള ആറ് കൽപ്പനകൾ മറ്റൊരു ഗണത്തിലാവപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ വാക്യം ഇരുവിൻ്റെ പന്ത്രണ്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക പതിമൂന്ന് കുല ചെയ്യരുത് പതിമൂന്നാമത്തെ വാക്യം കുല ചെയ്യരുത് അടുത്ത വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് അടുത്ത വാക്യത്തിൽ മോഷ്ടിക്കരുത് അടുത്ത വാക്യത്തിൽ കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നിട്ട് പതിനേഴാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് അങ്ങനെ ആറ് കൽപ്പന കണ്ടോ മൊത്തം പത്ത് കൽപ്പനകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം ആദ്യത്തെ നാല് കൽപ്പനയെന്നും ഒടുവിലത്തെ ആറ് കൽപ്പനയെന്നും എന്താ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ അതിൻ്റെ അതിനാധാരമെന്താ ആദ്യത്തെ നാല് കൽപ്പനകൾ മനുഷ്യൻ ദൈവോന്മുഖമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ നാല് കൽപ്പനകൾ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടായത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരൊറ്റ ദൈവത്തിൽ ഒരൊറ്റയാളിൽ ഒരു ദൈവത്തിൽ അന്യദൈവങ്ങളില്ലാതെ നിൽക്കണം രണ്ട് ഒരു ദൈവത്തിൻ്റെ വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുന്ന രീതി മതങ്ങളിലുണ്ട് അത് നിങ്ങൾ പകർത്തരുത് എന്ന് വ്യക്തതയോടെ പറയുന്നു മൂന്നാമത്തത് ദൈവത്തിൻ്റെ നാമം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൈവശുദ്ധീകരിച്ച ആ ദിവസത്തെ നിങ്ങൾ ആ നിലയിൽ നിങ്ങൾ എടുക്കണം ഈ നാല് കാര്യങ്ങളും നാല് കാര്യങ്ങളും ദൈവോന്മുഖമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാൽ പിന്നീട് പറഞ്ഞ ആറ് കാര്യങ്ങളോ ആറ് കാര്യങ്ങൾ ദൈവവുമായിട്ടല്ല നമ്മുടെ സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന കാര്യങ്ങളാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അപ്പനും അമ്മയും നമ്മുടെ നമ്മുടെ ഭവനത്തിലുള്ളവരാണ് എങ്കിലും അവരെ നമ്മളെന്തു വേണം അവരെ നമ്മൾ ബഹുമാനിക്കണം അവരോട് റെസ്പെക്റ്റ് കാണിക്കണം അവരെ ആദരിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പനെയും അമ്മയും ബഹുമാനിക്കരുത് ബഹുമാനിക്കുക രണ്ടാമത് പറയുന്നത് കുല ചെയ്യരുത് കുല ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ഒരു സഹജീവിയെ ഇല്ലാതാക്കുക ചെയ്യുന്നത് അപ്പോഴും അതും ആരോടാണ് നമ്മുടെ സഹജീവിയോടുള്ള ബന്ധത്തിലുള്ള ഒരു കൽപ്പനയാണ് ഈ കൽപ്പനയെ പിന്നീട് കർത്താവ് എടുത്തിട്ട് കുല ചെയ്യുക എന്നുള്ളതിന് സഹോദരനോട് കോപിക്കുക എന്നുള്ള നിലയിൽ സൂക്ഷ്മംശത്തിൽ കൂടുതൽ സട്ടിൽ അതിനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അടുത്തത് വ്യഭിചാരം ചെയ്യുക വ്യഭിചാരം ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത് ഒരു സഹജീവിയോട് നമ്മൾ നീതി പുലർത്താതെ ഇരിക്കുക ചെയ്യുന്നത് അന്യോന്യമുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ അതിക്രമിച്ചു പോവുകയാണ് ചെയ്യുന്നത് അടുത്തത് മോഷ്ടിക്കുമ്പോഴോ മോഷ്ടിക്കുമ്പോഴും മറ്റൊരാളിൻ്റെ സാധനം നമ്മൾ കവർന്നെടുക്കുമ്പോൾ നമ്മുടെ കൂടുള്ള ഒരു സഹജീവിയോടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയുമ്പോഴോ നമ്മുടെ കൂടുള്ള ഒരു സഹജീവിയോട് നമ്മൾ തെറ്റായിട്ട് അയാളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ആരോപിക്കുക ചെയ്യുന്നത് ഒടുവിലായിട്ട് വരുമ്പോൾ യാതൊന്നിനെയും മോഹിക്കരുത് കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഒടുവിലത്തെ ഈ ആറ് കൽപ്പനകൾ നമ്മളും നമ്മുടെ സഹജീവികളും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന കൽപ്പനകളാണ് ആദ്യത്തെ നാല് കൽപ്പന ദൈവോന്മുഖമായിട്ടുള്ള കൽപ്പനകളാണ് ഇങ്ങനെ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകളിലേക്ക് മടങ്ങി വരുമ്പോഴോ കർത്താവ് കർത്താവ് ഇവനെ ഇവന് ഇവൻ കർത്താവിനോട് വന്ന് പറയാം ഗുരു നിത്യജീവനെ എന്താ ചെയ്യേണ്ടത് ഉടനെ യേശു ഈ പത്ത് കൽപ്പനകളിൽ ഒടുവിൽ പറഞ്ഞ സഹജീവികളുമായുള്ള ബന്ധത്തിൽ പറഞ്ഞ ആറ് കൽപ്പനകളിലെ അഞ്ച് കൽപ്പനകൾ ഒന്നൊന്നായിട്ട് ഉദ്ധരിക്കുന്നു ദയവായിട്ട് ശ്രദ്ധിക്കണേ ദയവായിട്ട് ശ്രദ്ധിക്കണേ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ കർത്താവ് ഇവിടെ എന്തൊക്കെ പറയുന്നു ഈ പത്ത് കൽപ്പനകളിൽ വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നിങ്ങനെയുള്ള മനുഷ്യൻ അവൻ്റെ സഹജീവിയുമായിട്ടുള്ള ബന്ധത്തിൽ പുലർത്തേണ്ട അതിരുവിട്ട് ചെയ്യാതിരിക്കേണ്ട അഞ്ച് കൽപ്പനകൾ പറയുന്നു നമ്മൾ പറഞ്ഞല്ലോ ആറ് കൽപ്പനയുണ്ടെന്ന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഏതാ കർത്താവ് വിട്ട് കളഞ്ഞ കൽപ്പന ഏതാ കർത്താവ് വിട്ട് കളഞ്ഞ കൽപ്പന ഏതാണ് നിങ്ങളെ കൂടെ ഇരിക്കണേ കുഞ്ഞുങ്ങളും ഒക്കെ ഇത് നമ്മൾ ഒരു ക്ലാസ് പോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാലേ മനസ്സിലാകുകയുള്ളു കർത്ത മൊത്തം പത്ത് കൽപ്പനയുണ്ട് അതിൻ്റെ അകത്ത് കർത്താവ് കോട്ട് ചെയ്തപ്പോൾ കർത്താവ് ആദ്യത്തെ നാല് കൽപ്പനയെ വിട്ടുകളഞ്ഞു ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നാല് കൽപ്പനയെ കർത്താവ് ഒഴിവാക്കി കർത്താവ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല വിഗ്രഹം ഉണ്ടാക്കരുതെന്നോ അന്യദൈവം ഉണ്ടാകരുതെന്നോ ഒന്നും ഈ ചെറുപ്പക്കാരനോട് പറയുന്നില്ല പ്രമാണിയോട് പറയുന്നില്ല മറിച്ച് അവന് സഹജീവികളും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഈ ആറ് കൽപ്പനകൾ ആ തൊന്നൊന്നായിട്ട് കർത്താവ് ഉദ്ധരിക്കുന്നു ഉദ്ധരിക്കുമ്പോൾ തന്നെ ഒരു കൽപ്പന കർത്താവ് എന്ത് ചെയ്തു അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കി ഏത് കൽപ്പനയും ഒഴിവാക്കിയത് ഒന്നും മോഹിക്കരുത് എന്നുള്ളത് എന്താ ഈ മോഹിക്കരുത് എന്നുള്ള കൽപ്പന കർത്താവ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് മോഹിക്കരുത് എന്ന കൽപ്പന മോഹിക്കരുത് എന്നുള്ള കൽപ്പന കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്നുള്ളത് ആന്തരികമായ ഒരു കാര്യം പ്രിയപ്പെട്ടവർ ഈ കൽപ്പനയെല്ലാം നോക്കുക കുല ചെയ്യരുതെന്നും വ്യഭിചാരം ചെയ്യരുതെന്നും മോഷ്ടിക്കരുതെന്നും അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ കള്ളസാക്ഷ്യം പറയരുതെന്നൊക്കെ പറയുന്നത് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളാണ് പുറമേയുള്ള കാര്യങ്ങൾ എന്നാൽ മോഹിക്കുക എന്ന് പറയുന്നത് എന്താ ആന്തരികമായ കാര്യമാണ് ഈ പഴയ നിയമം താരതമ്യേന മനുഷ്യൻ്റെ ബാഹ്യമായ കാര്യങ്ങളെയാണ് ഡീല് ചെയ്യുന്നത് പുതിയ ഉടമ്പടിയിൽ കർത്താവ് വന്നപ്പോഴാണ് അതിനെ എന്താക്കി തീർത്തത് അതിനെ കൂടുതൽ സട്ടിൽ വെയിൽ ഒരു ആന്തരിക കാര്യമാക്കി തീർത്തത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ കുല ചെയ്യരുത് എന്ന് മാത്രമേ പഴയ ദൈവം പറയുന്നുള്ളൂ നമുക്ക് എനിക്കെൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനോട് നമ്മൾ ചിലപ്പം പറയല ഇവനെ കൊന്നുകളയാനുള്ള ദേഷ്യം എനിക്കുണ്ട് കൊന്നുകളയാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷെ നമ്മൾ എന്തു ചെയ്തില്ല കൊന്നില്ല കൊന്നുകളയാനുള്ള ദേഷ്യം നമുക്കുള്ള ഉണ്ടെന്നുള്ളത് മാത്രം പോലീസ് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും കോടതി നമ്മെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്യുമോ ില്ല കാരണം അത് നമ്മുടെ ഉള്ളിലുള്ള ആ ദേഷ്യത്തെ നമ്മൾ ബാഹ്യമായിട്ട് കൊണ്ടുവന്ന് അടുത്തിരിക്കുന്ന ആളിനെ വധിച്ചു കഴിഞ്ഞാൽ കാര്യം മാറി കാര്യം മാറി അത് കൊലപാതകമായി മറ്റേത് ആന്തരികമാണ് കർത്താവ് എന്താ ചെയ്യുന്നത് പഴയ ഉടമ്പടി ബാഹ്യമായ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അതൊക്കെ കാണാവുന്ന നമ്മുടെ പുറത്ത് നമുക്ക് ചെയ്ത് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വിലക്കുള്ളത് കർത്താവ് വന്നപ്പോൾ പുതിയ ഉടമ്പടിയുടെ ആളായ കർത്താവ് വന്നപ്പോൾ അതിനെ എന്താക്കി തീർത്തു അതിനെ ആന്തരികമാക്കി തീർത്തു അത് മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞു സഹോരനോട് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ കൊന്നതിന് തുല്യമാണ് സ്വർഗത്തിൻ്റെ നിയമം അനുസരിച്ച് അങ്ങനെയാണ് ആ വ്യഭിചാരം നീ ചെയ്തില്ല പക്ഷെ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അങ്ങനെ വന്നാൽ അത് വ്യഭിചാരമാണ് ആന്തരികമായ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് പഴയ ഉടമ്പടി എന്ത് മാത്രമേ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ പഴയ ഉടമ്പടി പ്രായണ നമ്മളോട് ആവശ്യപ്പെടുന്നത് ബാഹ്യമായ ചില അതിർവരമ്പുകൾ നമുക്ക് വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കടക്കരുത് എന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ ഈ പത്ത് കൽപ്പനകളിൽ പുതിയ ഉടമ്പടിയുടെ സ്പിരിറ്റുള്ള ആത്മാവുള്ള ഒരു കൽപ്പനയുണ്ട് അതേത് കൽപനയാണ് പത്താമത്തെ കൽപ്പനയാണ് മോഹിക്കരുത് എന്ന് പറയുന്നത് അവിടെ വന്നപ്പോൾ എന്ത് പറ്റി കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് മോഹിച്ചാൽ ആരെങ്കിലും അറിയുമോ ഇല്ല ബാഹ്യമായ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല പക്ഷേ ഈ പത്താമത്തെ കൽപ്പന വന്നപ്പം ദൈവം എന്തോ ചെയ്തു അത് വരാൻ പോകുന്ന പുതിയ ഉടമ്പടിയുടെ ഒരു മുൻ രുചി ഫോർട്ടൈസ്ഡ് ുള്ള ഒരു കൽപ്പനയായിട്ട് ഈ പത്താമത്തെ കൽപ്പനയെ വെച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ പറഞ്ഞു വന്നത് ഈ ചെറുപ്പക്കാരനോട് കർത്താവ് പറഞ്ഞ ഉദ്ധരിച്ച കൽപ്പനകളെക്കുറിച്ചാണല്ലോ കർത്താവ് ഇവിടെ ഉദ്ധരിച്ച കൽപ്പനകളിൽ നമ്മൾ നോക്കുക ഒന്ന് കർത്താവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നാല് കൽപ്പന വിട്ട് കളഞ്ഞു മറ്റ് അവനും ബന്ധത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ ഓരോന്നായിട്ടെടുത്ത് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ ആന്തരികമായ മോഹിക്കരുത് എന്നുള്ള കൽപ്പന കർത്താവ് ഇവിടെ വിട്ട് കളഞ്ഞു മറ്റഞ്ച് കല്പനകളെ പറഞ്ഞിട്ടുള്ളു നിങ്ങൾ ശ്രദ്ധിക്കണേ നോക്കുക എണ്ണമിട്ട് നിങ്ങൾ നോക്കുക വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയമ്മയും ബഹുമാനിക്കുക ഈ ഓർഡർ തിരിച്ച അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളതൊക്കെ വരുന്നത് എങ്കിലും ഈ ഇത്രയും അഞ്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം മോഹിക്കരുതെന്നുള്ളത് കർത്താവ് വിട്ടുകളഞ്ഞു അതുപോലെ തന്നെ ദൈവോന്മുഖമായിട്ടുള്ള കൽപ്പനകളും വിട്ടുകളഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൂചന എന്താ ഇവനെ സംബന്ധിച്ച് ഇവനെ കർത്താവ് സ്നേഹിച്ചു ഇവൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇവനോട് കർത്താവ് ഇടപെടുക ചെയ്യുന്നത് നീ എന്ത് വേണം നീ വളരെ മറ്റുള്ളവരുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ വളരെ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് ഈ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞത് ഇവനെ ഒന്ന് പരീക്ഷിക്കാനായിട്ടും ആണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഉടനെ അവൻ്റെ മറുപടി എന്താണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് പറഞ്ഞു നോക്കുക എത്ര വളരെ മനോഹരമായ ഒരു സാക്ഷ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒന്നാമദൈവൻ ചെറുപ്പക്കാരനാണെന്ന് ഓർക്കണം തനികനാണെന്ന് ഓർക്കണം അങ്ങനെയുള്ളവന് ഈ കല്പനകളൊക്കെ ലംഘിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കൊല ചെയ്യാനോ വിചാരം ചെയ്യാനോ മോഷ്ടിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ അവൻ എന്താ ചെയ്യുന്നത് അവൻ ഇതൊക്കെ കേട്ടപ്പോൾ ആ നിത്യജീവനിലേക്ക് എനിക്ക് പ്രവേശിക്കണം അതിനെന്താ വഴിയെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുക ദൈവം മാത്രമേ നീതിമാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് എടുത്തടിച്ച പോലെ പറയുകയാണ് കർത്താവേ ഒരു നേരിയ ചിരിയോടെ ആയിരിക്കണം അവൻ പറഞ്ഞത് ഞാനൊത്തിരി ഈ ഇതെല്ലാം ഈ ചരിത്രമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തെ മാനുഷികമായ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ചിലപ്പം ചിലതൊക്കെ ഭാവന ചെയ്യാറുണ്ട് ഇവനിത് പറയുമ്പോൾ ഇവനൊരു നേരിയ ചിരി ഉണ്ടായിരിക്കണം ഓ കർത്താവ് വലിയ കാര്യമായിട്ട് ഏതാണ്ട് വലിയ കാര്യം പറയുമെന്നാണ് വിചാരിച്ചത് ഈ കൽപ്പനയാണോ ഇതൊക്കെ ഞാനെന്താ ഞാനെൻ്റെ ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ഒരുമാതിരി തിരിച്ചറിവായ കാലം മുതൽ ഇതൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് തന്നല്ല ചെറുപ്പം മുതലേ കാത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇത് ലംഘിക്കുന്ന പ്രശ്നമേ ഇല്ല ഇപ്പോഴും അത് കൃത്യമായിട്ട് കാക്കുന്നു നോക്ക് ഇന്ന് കൃത്യമായിട്ട് കാക്കുന്ന പലരും ചെറുപ്പത്തിൽ ലംഘിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ കാത്ത പലരും പ്രായമായപ്പോൾ ലംഘിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവനെക്കുറിച്ച് അവൻ തന്നെ പറയുന്ന സാക്ഷ്യം എന്താ ഞാൻ ചെറുപ്പം മുതൽ ഇന്നയോളം ഇത് കാത്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനിലൊരു പ്രശംസയുണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവനെ ധനികനാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതേസമയം തന്നെ അവൻ അവൻ്റെ അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പുകഴ്ചയുണ്ട് അവൻ ധാർമ്മികമായ നിലയിലും അല്ലെ സമൂഹത്തിൻ്റെ രീതി അനു നിലവാരമനുസരിച്ചും സമൂഹത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ചും ഇവനെന്താണ് ഇവനൊരു ധനികനാണ് ഒരു ആത്മീയമായ ഒരു സമ്പന്നനായ ഒരാളാണ് ആത്മാവിൽ ഒരു ദാരിദ്ര്യമില്ലാത്തവനാണ് അവൻ ദൈവകൽപ്പനയെ നോക്കുമ്പോൾ ഞാനിതൊക്കെ ചെയ്തു പോരുന്നു ചെയ്തു പോരുന്നു അതിലവനൊരു അഭിമാനമുണ്ട് ഇങ്ങനെയാണ് അവൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് കർത്താവ് അവനോട് പറയുന്നത് നീ എന്താ ചെയ്യേണ്ടത് നീ ഇത് വിട്ട് ഇത് വിട്ട് ഇതെല്ലാം വിറ്റ് വിറ്റ് കളഞ്ഞ് നീയെന്താ ഇതൊന്നും ഇല്ലാത്തവനായിട്ട് നിൽക്ക് അങ്ങനെ നിൽക്കുമ്പം നിനക്ക് എന്നെ അനുഗമിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭൗതികമായ സ്വത്ത് മാത്രം വിടുന്ന ഒരു കാര്യമാണോ കർത്താവ് ഈ ചെറുപ്പക്കാരനെ നോക്കി അവനെ സ്നേഹിച്ചു അവൻ്റെ പ്രശ്നം അവൻ ഭൗതികമായിട്ട് ധനവാനാണ് അപ്പം തന്നെ അവൻ എന്തുണ്ട് അവൻ ധാർമ്മികമായിട്ടും നിലവിലിരിക്കുന്ന ന്യായ പ്രമാണമനുസരിച്ചും അവൻ വളരെ സമ്പന്നന ഞാൻ എല്ലാം ചെറുപ്പം മുതൽ കാത്തുകൊള്ളുന്ന ഒരുവനാണ് എന്നുള്ള ഒരു പുകഴ്ച അവനുണ്ട് ആ പുകഴ്ച ആ ഒരു ആ ഒരു നികളം ആ ഒരു സമ്പന്നത ആ ഒരു നിറവ് ദൈവത്തെ കൂടാതുള്ള ദൈവത്തെ കൂടാതുള്ള പ്രിയപ്പെട്ടവർ ദൈവത്തെ കൂടാതുള്ള നമ്മുടെ എല്ലാ സമ്പന്നതയും അത് കേവലം ഭൗതികമായ സമ്പന്നത മാത്രമല്ല ദൈവത്തെ കൂടാതുള്ള നമ്മുടെ എല്ലാ നിറവും നമ്മുടെ ദൈവത്തെ കൂടാതുള്ള നമ്മുടെ എല്ലാ ശക്തിയും ദൈവത്തെ കൂടാതുള്ള നമ്മുടെ എല്ലാ പുകഴ്ചയും ദൈവം പറയുന്നു അത് നിൻ്റെ ധനമാ അത് കൊണ്ടുപോയി വിറ്റേച്ചു വന്നിട്ട് എന്നെ അനുഗമിക്കും എന്ന് പറയും ഞാനിതാണ് നമ്മളോടുള്ള ബന്ധത്തിൽ ഇന്ന് കർത്തൃപേശയോടുള്ള ബന്ധത്തിൽ നമുക്കെടുക്കാവുന്ന ഒരു ചിന്തയായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വേണ്ടത് നമുക്കൊരുപക്ഷേ ഭൗതികമായ ധനം ഉണ്ടായിരുന്നു എന്ന് വരികയില്ല ഈ ചെറുപ്പക്കാരൻ്റെ അത്രയും ഉണ്ടായി എന്ന് വരികയില്ല ധനമുള്ള ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട് ഏ അതും എന്നാൽ അതിനോടൊപ്പം നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ നമുക്കുള്ള പുകഴ്ച നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നിറവേറ്റിയ കാര്യങ്ങൾ ദൈവം ദൈവം അംഗീകരിക്കാത്ത ഒരു തരം ആത്മാവിലെ സമ്പന്നത കർത്താവ് പറഞ്ഞ് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയ്ക്ക് പകരം ചില കാര്യങ്ങളും ചില ബോധ്യങ്ങളും ചില നിലപാടുകളും ഇത്രയും വർഷത്തെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ സി എഫ് സിയിൽ അംഗമായിരുന്നതിൻ്റെ പാരമ്പര്യവും ഒക്കെയായിട്ടാണ് സഹോദര സഹോദരി ഞാനും നീയും ഇന്ന് ദൈവസന്നിധി നിൽക്കുന്നതെങ്കിൽ ആ സമ്പന്നത തന്നെ നോക്കി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ നോക്കി സ്നേഹിച്ചിട്ട് പറയും നീ ഒന്നാമത് അത് കൊണ്ടുപോയി വിറ്റേച്ചു പോവാ എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്ക് എന്ന് പറയും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതാ കർത്താവ് ഇവൻ്റെ പ്രശ്നം തുടക്കത്തിൽ തന്നെ ചില സൂചനകൾ നൽകി കർത്താവ് എന്തോ പറഞ്ഞു ഇവനിങ്ങനൊക്കെ മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ദൈവോന്മുഖമായ ആ നാല് കൽപ്പന വിട്ടുകളഞ്ഞത് എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ ഒരു സൂചന നൽകുകയായിരുന്നു നീ മനുഷ്യരോടുള്ള ബന്ധത്തിൽ നീയെല്ലാം കൃത്യമായിട്ട് ചെയ്തു പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനം നിൻ്റെ ഹൃദയത്തിൽ ഇല്ല ദൈവത്തിന് കൊടുക്കേണ്ട ആ സിംഹാസനം നിനക്കില്ല ദൈവോന്മുഖമായുള്ള നിൻ്റെ നിലപാടിൽ നിൻ്റെ മനോഭാവത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം എന്നുള്ള കാര്യമില്ല ആ അതാണ് കർത്താവ് ആ നാല് കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ഈ ആറ് കാര്യങ്ങൾ പറയാൻ ഈ അഞ്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു കാരണം എന്നത് നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ മോഹിക്കരുത് എന്നുള്ള കാര്യം കർത്താവ് വിട്ടുകളഞ്ഞത് എന്താ ഈ കഥ മുഴുവൻ ഈ സംഭവം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ അതി ദുഃഖിതനായിട്ട് കർത്താവിനെ വിട്ടുപോയി കാരണം അവനെന്തു പറ്റി അവന് പണത്തോടുള്ള ധനത്തോടുള്ള ആ മോഹം മോഹം ആ ആശ അവിടെ കിടപ്പുണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കാൾ പറയാതെ വിട്ട ചില കാര്യങ്ങളിലൂടെ അവൻ്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് വരൽ ചൂണ്ടുകാരുന്നു ഒന്ന് കർത്താവ് എന്തോ വിട്ടു മോഹിക്കരുതെന്നുള്ള കൽപ്പന വിട്ടു മോഹിക്കരുത് അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഈ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുന്നവനാണെങ്കിൽ അവനെന്തോ വിചാരിക്കണം അയ്യോ കർത്താവ് മോഹിക്കരുതെന്നുള്ള കല്പന വിട്ട് കളഞ്ഞു ഏ എനിക്കത് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കർത്താവ് കണ്ടു എനിക്ക് എനിക്ക് മോഹമുണ്ടോ ഉണ്ട് ധനത്തോട് മോഹമുണ്ട് എന്നുള്ളത് അവൻ കണ്ടെത്തണമായിരുന്നു അതുപോലെ തന്നെ അവൻ കണ്ടെത്തണമായിരുന്നു കർത്താവ് ഈ കൽപ്പനയെല്ലാം ഉദ്ധരിച്ചു പക്ഷേ ദൈവോന്മുഖമായിട്ട് ഉള്ള ഒരുവൻ്റെ നിലപാട് സംബന്ധിച്ച ദൈവത്തിനൊന്നാം സ്ഥാനം ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് മറ്റ് വിഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന പണമായാലും മറ്റു നിന്നെക്കുറിച്ചുള്ള നിൻ്റെ മതിപ്പായാലും സ്വയബലമായാലും ഇതൊന്നും വിഗ്രഹമായിട്ട് നിനക്കാകരുത് ഇങ്ങനെയൊക്കെയുള്ള ആ നാല് കൽപ്പന പറഞ്ഞിരുന്നെങ്കിൽ അവന് വേഗത്ത് അവന് അത് പറഞ്ഞിരുന്നെങ്കിൽ അവന് മനസ്സിലാകുമായിരുന്നു അവൻ ദൈവോന്മുഖമായിട്ട് ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടില്ല പക്ഷേ കർത്താവ് അത് പറയാതെ വിട്ടതിലൂടെ അതിലേക്ക് ആ വിരൽ ചൂണ്ടിയത് ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല നിനക്ക് വിഗ്രഹങ്ങളുണ്ട് ഇവനീ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതിൻ്റെ സ്പിരിറ്റ് പറഞ്ഞതിൻ്റെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പറയാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുടെ ആത്മാവ് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ അവൻ വളരെ ബുദ്ധിമാനായിരുന്നു ന്യായപ്രമാണമെല്ലാം അറിയാവുന്നവനായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു സത്യത്തിൽ കർത്താവ് പറഞ്ഞത് അവന് മനസ്സിലാകേണ്ടതായിരുന്നു കർത്താവെന്താ ഈ ഇങ്ങനെ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതെന്താ നീ നീ വിചാരിക്കുന്നു നീ വളരെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവനാണ് ആളുകളോടുള്ള ബന്ധത്തിൽ എല്ലാം ഭംഗിയായിട്ട് കൽപ്പന ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് നീ വിചാരിക്കുന്നു എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കിപ്പോഴും ഈ ഭൗതിക കാര്യങ്ങളോട് മോഹമുണ്ട് ഭൗതിക വസ്തുക്കളോടുള്ള മോഹം ധനാശ ഇത് നിനക്കുണ്ട് മോഹമുണ്ട് ആ പത്താമത്തെ കൽപ്പന നിനക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം സംബന്ധിച്ചുള്ള ആദ്യത്തെ നാല് കൽപ്പന നിനക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു വിഗ്രഹമിരിക്കുകയാണ് ഈ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത് പ്രിയപ്പെട്ടവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധനമാകട്ടെ ധനം അതിൽ തന്നെയല്ല തെറ്റ് അതിനോടുള്ള നമ്മുടെ മനോഭാവത്തിലാണ് തെറ്റ് അതിനോടുള്ള നമ്മുടെ അതിനൊന്നാം സ്ഥാനം കർത്താവിനേക്കാൾ കവിഞ്ഞ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവിടെ തെറ്റ് നമ്മൾ ഈ കൽപ്പനയെല്ലാം കൃത്യമായിട്ട് കാക്കുന്നതിലല്ല തെറ്റ് കുല ചെയ്യരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ ഈ കൽപ്പനയല്ലേ കാക്കണ്ടതല്ലേ കാക്കണ്ടതാണ് പക്ഷേ ആ കൽപ്പന കാക്കുന്നതിലല്ല തെറ്റ് അത് കാത്തു എന്നുള്ള എൻ്റെതായ നികളത്തിലാണ് തെറ്റ് കണ്ടോ അപ്പോൾ നമ്മുടെ ധനം നമ്മുടെ സമ്പന്നത നമ്മളെ കർത്താവിൽ നിന്നായിട്ടിക്കളെ കർത്താവിൽ നിന്നായിട്ട് ഇവനെന്ത് എന്ത് എന്ത് പറ്റി ഇവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി ഏ ഇത്രയും ദുഃഖകരമായ ഒരു രംഗമില്ല മറ്റ് പലരും കർത്താവിൻ്റെ അടുത്ത് വന്നു പരീശന്മാർ വന്നു അവരൊന്നും കർത്താവിനെ അംഗീകരിക്കാതെ പോയി നമുക്ക് ദുഃഖം തോന്നുകയില്ല കാരണം അവരൊക്കെ എന്താ അവരൊക്കെ കർത്താവിനോ ഈ പ്രമാണങ്ങളൊന്നും കൃത്യമായി പാലിക്കുന്നവരോ ഒന്നുമല്ല അവരൊന്നും സ്ട്രെയിറ്റ് ഫോർവേഡല്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ വ്യത്യസ്തനായിരുന്നു അവന് കിട്ടിയ വെളിച്ചത്തിൽ അവൻ പല കാര്യങ്ങൾ ക്രമീകരിച്ചു അവന് ദൈവരാജ്യത്തിലേക്ക് നിത്യജീവനിലേക്ക് കടക്കാൻ വളരെ സാധ്യതയായിരുന്നു പക്ഷേ അതിനായിട്ട് അവൻ കർത്താവിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു കർത്താവ് അതിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്തായിരുന്നു മാർഗം നീ നിൻ്റെ സമ്പന്നത നിന്നെക്കുറിച്ചുള്ള നിൻ്റെ പുകഴ്ചകൾ നിൻ്റെ ധനം ഇതിനോടൊക്കെയുള്ള ആശകളും എല്ലാം മാറ്റിവെച്ച് നീ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക അങ്ങനെ ചെയ്താൽ നിനക്കിവിടെ പ്രവേശിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത് ആ വഴിയും കർത്താവ് കാണിച്ചു കൊടുത്തു പക്ഷേ അവൻ എന്ത് ചെയ്തു പഠിക്കൊണ്ടുവന്ന് കലമുടച്ചു എന്ന് നമ്മളൊരു പഴഞ്ചൊല്ലി പറയാറില്ലേ എല്ലാം ഭംഗിയായിട്ട് വന്നു ഒടുവിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു കപ്പ് ചായ എടുക്കുകയാണെന്നിരിക്കട്ടെ ഏ കപ്പിൻ്റെ അകത്ത് ചായ ഉണ്ട് ചുണ്ടും ഈ കപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചുണ്ടയിലോട്ട് മുട്ടിച്ച് അങ്ങോട്ട് കുടിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ പക്ഷേ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഈ ചായ തൂവി പോയെങ്കിൽ നമ്മുടെ ദാഹം തീർന്നു ഇല്ല ഇല്ല ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങൾ ശരിയാണ് അവൻ പഠിക്കൊണ്ടുവന്ന് കലമുടച്ചു കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് ഇത് തട്ടിത്തൂവിക്കളഞ്ഞു വലിയ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ പക്ഷേ അവൻ ദൈവം ഒരു നിലയിലേക്ക് വന്നില്ല അതി ദുഃഖിതനായിട്ടവൻ പോകേണ്ടി വന്നു ഇതിനു ഈ സംഭവത്തെ നമുക്കൊന്ന് വേറൊരു തരത്തിലൊന്ന് ഭാവന ചെയ്ത് നോക്കിയാലോ നമ്മളാണ് ഈ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്തെങ്കിൽ കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കർത്താവ് രണ്ട് കാര്യം പറഞ്ഞു എന്താ നിനക്ക് നിനക്ക് ചില മോഹങ്ങളുണ്ട് ദൈവ ദൈവേഷ്ടത്തിനെതിരായ മോഹങ്ങളുണ്ട് രണ്ട് നിനക്ക് ദൈവമല്ല നിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിൻറ്റേതായ ചില വിഗ്രഹങ്ങളുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പം നമ്മൾ വിചാരിക്കുക നമ്മൾ വിചാരിക്കുക നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യുമ്പോൾ ശരിയാണ് എന്ന് കണ്ടിട്ട് അത് കണ്ടിട്ട് നമുക്ക് സത്യത്തിൽ അത് മാറ്റാൻ നമ്മളെ കൊണ്ട് അത് മാറ്റാൻ പലപ്പോഴും ഒത്തന്നു വരികയില്ല എന്നാൽ അവിടെ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവേ നീ പറഞ്ഞത് ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് ധനാശയമുണ്ട് അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം ഞാൻ കൊടുത്തിട്ടില്ല ഇത് രണ്ടും ശരിയാണ് നീ എന്നെക്കുറിച്ച് പറയാതെ പറഞ്ഞ ആ രണ്ട് സൂചനകളും അത് ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ കുറവുള്ളവനാണ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ വിചാരിച്ചതുപോലെ ധനികനല്ല ഭൗതികമായും ധനികനല്ല എൻ്റെ സാമൂഹത്തിലെ അംഗീകാരത്തോടുള്ള ബന്ധത്തിലും ഞാൻ ധനികനാണെന്ന് വിചാരിച്ചു ധാർമ്മികമായിട്ട് ധനികനാണെന്ന് വിചാരിച്ചു ആത്മാവിൽ സമ്പന്നനാണെന്ന് വിചാരിച്ചു പക്ഷേ നീ ഇന്നിപ്പോൾ നിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ എന്നെ കാണിച്ചു തരുമ്പം ഞാനിവിടെ കുറവുള്ളവനാണ് പക്ഷേ ഇത് മാറ്റിക്കളയാൻ എന്നെ കൊണ്ടൊക്കുന്നില്ല കർത്താവ് ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെ കാൽക്കൽ വീണാൽ കർത്താവ് എന്തു ചെയ്തേനെയും കർത്താവ് നോക്ക് ശക്തി തന്നേനെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ദുഃഖിതനായിട്ട് കർത്താവിനെ വിട്ടുപോകേണ്ടതിന് പകരം വിട്ടുപോകുന്നതിന് പകരം കർത്താവെ നീ പറഞ്ഞത് ശരിയാണ് ശരിയാ പക്ഷേ എന്നെക്കൊണ്ട് ഇതിന് കഴിയേല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിലേക്ക് വീണിരുന്നെങ്കിൽ കർത്താവ് ഇവനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കത്തക്കവണ്ണം ഇവൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം കൊടുക്കുമായിരുന്നു മാറ്റ കൊടുക്കുമായിരുന്നു എന്ന് എവിടെ പറയുന്നു നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യത്തിൽ തന്നെ കർത്താവഥ പറയുന്നു മനുഷ്യരാൽ ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്താൽ സാധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടൊക്കുന്നില്ല പക്ഷേ അത് ദൈവത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് കണ്ടാൽ നമ്മളെന്താ ചെയ്യേണ്ടത് നിരാശപ്പെട്ടോ ഇനിയിപ്പം ഞാന് ശരിയാകുകയില്ല ശരിയാകുകയില്ല ഞാൻ എത്രയോ നാളിതൊക്കെ കേട്ടതാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോയാൽ ആരാ ജയിക്കുന്നത് പിശാജാ ജയിക്കുന്നത് ദൈവവചനം യഥാർത്ഥത്തിൽ മൂർച്ചയോടെ പ്രസംഗിക്കുന്നിടത്ത് പിശാജ് എന്ത് ചെയ്യും പിശാജ് കള കൊണ്ടുവന്ന് വിതയ്ക്കും അവൻ കൊണ്ടുവരുന്ന പ്രധാന ആരോപണം എന്തായിരിക്കും കണ്ടംനേഷനാണ് കുറ്റബോധവും കുറ്റബോധവും ദൈവവചനത്തെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കേട്ടില്ലെങ്കിൽ കേൾക്കേണ്ട മട്ടി കേട്ടില്ലെങ്കിൽ ഇവിടെ വരുന്നതിനേക്കാളും ചിലരിവിടെ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് കേൾക്കേണ്ടത് ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറന്നു കിടക്കുന്നു എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ കേൾക്കേണ്ടത് പക്ഷേ അത് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണവും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചും ശക്തമായിട്ട് പറയും പറയുന്നത് നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരണം നമ്മളെ യഥാർത്ഥ ഒരു അനുതാപത്തിലേക്ക് കൊണ്ടുവരണം ദൈവമേ ഞാൻ എന്നെക്കുറിച്ച് വെച്ചിരുന്ന സങ്കല്പങ്ങൾ ശരിയല്ല ഞാൻ എന്നെക്കുറിച്ച് പടുത്തുയർത്തിയിരുന്ന ധാരണകൾ ശരിയല്ല ഞാൻ യഥാർത്ഥത്തിൽ ഒന്നുമില്ല സീറോയാണ് നീ ഇപ്പം എന്നെ അത് കാണിച്ചു തന്നതിനായിട്ട് നന്ദി വചനത്തിലൂടെ എൻ്റെ നേരെ ആ വെളിച്ചം വീശിയതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ് എന്നാൽ എനിക്കിത് മാറ്റാൻ ഒക്കുന്നില്ലല്ലോ കർത്താവെ നിന്നെ തന്നെ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൾ വീഴുമ്പോൾ കർത്താവ് പറയും മകനെ മകളെ മനുഷ്യരല്ല സാധ്യം ദൈവത്താൽ സാധ്യം ഇതാണ് ഇതിൻ്റെ ഒരു വഴി ഇതാണ് വഴി ഈ വഴിയിലേക്ക് യഥാർത്ഥത്തിൽ ആളുകൾ വരാതിരിക്കാം പിശാജ് എന്തോ ചെയ്യും പിശാജി ഈ വചനം വിതയ്ക്കുന്നിടത്ത് അവനെന്തു ചെയ്യും അവനീ കുറ്റബോധത്തിൻ്റെ അനാവശ്യമായ കുറ്റബോധത്തിൻ്റെ ഓ ഞാൻ എത്ര നാളായിട്ട് കേട്ടു ഞാൻ എത്ര ഈ കാര്യങ്ങൾ കേട്ടു എന്നിട്ട് ഞാൻ മണ്ടത്തരം ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെയും എന്ന് പറഞ്ഞ് ഒരു സ്വയദണ്ഡനത്തിലേക്കും സ്വയം കുറ്റവിധിയിലേക്കും ആളുകളെ നയിക്കുക എന്നുള്ളത് ഒരു രീതിയാണ് അപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറ്റബോധം വേണ്ടെന്നാണോ കുറ്റബോധം വേണം കുറ്റബോധം യഥാർത്ഥത്തിലുള്ള ആരോഗ്യകരമായ ഒരു കുറ്റബോധമാണ് ദൈവവചനം നമുക്ക് തരുന്നത് തരേണ്ടത് അതുകൊണ്ടാണ് ദൈവവചനത്തെ എബ്രായലേഖനത്തിൽ ഇരുവഴ്ത്തലയുള്ള മൂർച്ചയുള്ള വാളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വാൾ എന്ത് ചെയ്യും ഈ വാൾ നമ്മളെ മുറിവേൽപ്പിക്കും മുറിവേൽപ്പിക്കും പക്ഷേ ആ മുറിവേൽക്കൽ ആരോഗ്യകരമായ ഒരു കുറ്റബോധം എന്നുള്ള നിലയിലാണ് നമ്മളതിൻ്റെ മുമ്പാകെ അതിനോട് പ്രതികരിക്കേണ്ടത് അതിനു പകരം ഓ നിരാശയിലേക്കും ഇനി എനിക്ക് സാധ്യതയില്ല ഓ ഇന്ന് ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള നിലയിൽ നമ്മളിതിനെ എടുക്കുമ്പം നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ പിശാജിൻ്റെ ആ കെണിയിൽ പെടുക ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ വരുമ്പോൾ ഈ കഥ വ്യത്യാസമാകാൻ വളരെ സാധ്യത ഉണ്ടായിരുന്നു എന്താ എന്ത് മതിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ മതിയായിരുന്നു കർത്താവേ കർത്താവ് ശരിയാണ് ശരിയാണ് ഞാൻ വിചാരിച്ചു ഞാൻ വലിയ സമ്പന്നന എനിക്കിതൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ചു പക്ഷേ സമ്പന്നതയെക്കാളും എനിക്കതിനോടുള്ള ആഗ്രഹത്തിൽ നിന്ന് എനിക്കെന്തില്ല മോചനമില്ല ഞാനെ മോഹിക്കരുത് എന്ന കൽപ്പന നീ പറയാതെ വിട്ടത് എന്നോട് പറഞ്ഞത് അതാണല്ലോ എന്ന അവൻ പറയണമായിരുന്നു രണ്ട് കർത്താവേ ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിനക്കല്ല ദൈവത്തിനല്ല ദൈവത്തിനല്ല പകരം പകരം എനിക്ക് പണമെന്നൊരു വിഗ്രഹമുണ്ട് എൻ്റേതായ പുകഴ്ചയുടെ വിഗ്രഹങ്ങളുണ്ട് അതൊക്കെയാണ് എൻ്റെ ഹൃദയസിംഹാസനത്തിൽ ഇരിക്കുന്നത് ഇത് നീ പറഞ്ഞ പറയാതെ എന്നോട് പറഞ്ഞപ്പം എനിക്കത് മനസ്സിലായി നിൻ്റെ വെളിച്ചത്തിൽ നിൻ്റെ പ്രകാശത്തിൽ ഞാൻ ഈ വെളിച്ചം കാണുന്നു നിൻ്റെ പ്രകാശത്തിൽ ഞാൻ പ്രകാശം കാണുന്നു സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ ദൈവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ വെളിച്ചം നമുക്ക് കിട്ടുന്നത് ആ വെളിച്ചം കിട്ടിയപ്പോൾ കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി അതേ തന്നെ കർത്താവെ നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ എനിക്കിത് മാറ്റാനൊക്കുന്നില്ല എനിക്ക് ഈ മോഹത്തിൽ നിന്ന് മാറാനൊക്കുന്നില്ല എനിക്ക് ഈ വിഗ്രഹത്തെ ഹൃദയസിംസാ സിംഹാസനത്തിൽ നിന്ന് എടുത്തു മാറ്റി അവിടെ നിന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല എന്ന അനുതാപത്തോടെ നമ്മൾ പറഞ്ഞാൽ കർത്താവ് എന്തോ പറയും മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം ഹോശയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഇതിനോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം ഹോഷിയയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിലേക്ക് ഒടുവിലത്തെ അധ്യായമാണ് ഹോഷിയ ദാനിയേൽ ഹോഷിയ യോവേൽ ഹോഷയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം ഇസ്രായേലി നിൻ്റെ ദൈവമായ യെഹോയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക നിന്റെ അകൃത്യമല്ലോ അകൃത്യനിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യെഹോയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല ആകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആധരാർപ്പണമായ കാളകളെ അർപ്പിക്കും അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവി ഉടനെ ഉടനെന്താ ഞാൻ ദൈവം പറയുക ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും അവൻ താമര പോലെ പൂത്ത് വനം പോലെ വേരുന്നും അവൻ്റെ കൊമ്പുകൾ പടരും അവൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലബനോൻ്റേതു ഇരിക്കും അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളർക്കുകയും ചെയ്യും അതിൻ്റെ കീർത്തി ലെബനോനിലെ വീഞ്ഞിൻ്റേതു പോലെ ഇരിക്കും എന്താണ് ഇവിടെ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മലയാളം ബൈബിളിൽ ഈ കൊട്ടേഷനുകൾ കൊടുത്തിട്ടില്ല ഉദ്ധരണികൾ കൊടുത്തിട്ടില്ല ഉദ്ധരണി ചിഹ്നം എന്നാൽ ചിലടത്തൊരു ചില ഉദ്ധരണിച്ചിഹ്നം ഇടുന്നത് നല്ലതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ മൂന്ന് കൂട്ടർ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഈ വായിച്ചെടുത്ത് മൂന്ന് കൂട്ടർ സംസാരിക്കുന്നുണ്ട് ഒന്നാമത് സംസാരിച്ചതാര ഹോഷിയ പ്രവാചകനാണ് പ്രവാചകൻ ജനത്തോട് സംസാരിക്കുക ആ പ്രവാചകൻ സംസാരിച്ച ആ കൊട്ടേഷൻ എന്തൊക്കെയാണ് നമ്മൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഉള്ളത് ആ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം പ്രവാചകൻ എന്താ പറഞ്ഞത് കൊട്ടേഷനിൽ തുടങ്ങുക ഇസ്രായേലേ നിൻ്റെ ദൈവമായ ഹോയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക നമുക്ക് പുതിയ നിയമം ഇസ്രായേലായ നമുക്ക് നമ്മുടേതായ തലത്തിൽ ഇതിനെ എടുക്കാമേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ടു നമ്മൾ ഇപ്പോഴും നമുക്ക് മോഹങ്ങളുണ്ടെന്നും വിഗ്രഹങ്ങളുണ്ടെന്നും കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതാ പ്രവാചകൻ നമ്മളോട് പറയുന്നു ഇസ്രായേലേ നിൻ്റെ ദൈവമായ ഹോയയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക നിൻ്റെ അകൃത്യമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടെ യഹോയുടെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുക അത്രയും വരെ പ്രവാചകം പറഞ്ഞ കാര്യമാണ് ഉടനെ രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ പറയുന്ന വാക്യങ്ങൾ നമ്മൾ തന്നെ ഇസ്രായേൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ അത് കേട്ടപ്പോൾ എന്തോ പറഞ്ഞു അല്ലേ എന്തോ പറയണം ഇസ്രായേലിൽ പറയേണ്ട കാര്യങ്ങളുടെ കൊട്ടേഷൻ തുടങ്ങുന്നത് സകലിയ മടങ്ങി അവനോട്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 ഇത് കേട്ടോണ്ടിരുന്ന ദൈവം ആ ബാക്കി കാര്യം പറയുന്നത് അതിൻ്റെ നാലാമത്തെ വാക്യം മുതൽ ദൈവം ഉടനെ ഇടപെട്ടിട്ട് അടുത്ത കൊട്ടേഷൻ തുടങ്ങേണ്ടത് അവിടെയാണ് ദൈവം എന്താ പറയുന്നു ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ലബനോൻ വ താമര പോലെ പൂക്കും ലബനോൻ വനം പോലെ വേരുന്നും ഒലിവൃക്ഷത്തിൻ്റെ ഭംഗി പോലെ അവർക്ക് ഭംഗി കിട്ടും അവരെ മുന്തിരിവള്ളി പോലെ തളുർക്കും ഇതെല്ലാം എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് ആ അവിടെ ആ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്നതായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മളെ ഹോഷിയ പ്രവാചകൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണല്ലോ വായിച്ചത് ഇവിടെ മൂന്ന് കൂട്ടർ സംസാരിക്കുന്നുണ്ട് പ്രവാചകൻ എന്ത് പറയുന്നു പ്രവാചകൻ ഇസ്രായേലിനോട് പറയുന്നു നിങ്ങൾ അനിതാപവാക്യങ്ങളോടെ ഈ ഹോവിഡ് അടുക്കിലേക്ക് മടങ്ങി ചെന്നാൽ അവിടെ ചെന്നിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക നി എൻ്റെ അകൃത്തെ നിമിത്തമല്ലോ ഞാൻ വീണിരിക്കുന്നത് എന്നുള്ള അനിതാപവാക്യത്തോടെ നീ ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി ചെല്ലുക ഇതാണ് പ്രവാചകൻ പറയുന്നത് ഉടനെ അത് ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ നമ്മളെന്താ പറയേണ്ടത് നമ്മൾ കർത്താവിനോട് പറയേണ്ടത് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും ഓ അധരഫലമെന്ന സ്ത്രോത്രയാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എബ്രായർ പതിമൂന്നിൻ്റെ പതിനഞ്ച് കണ്ടോ നമ്മളെ ഒരു പുരോഹിതന്മാരാക്കിയിരിക്കുക കാളകളെ അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെ അഞ്ചിൽ നമ്മളെ പുരോഹിതരാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് കണ്ടോ അധരാർപ്പണമായ കാളകളെ നമ്മളർപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെ നമ്മൾ ഏറ്റുപറയുമ്പം പഴയ നിയമത്തിലൊരാൾ കാളയെ യാഗമർപ്പിച്ചതുപോലെയാണ് ദൈവം കണക്കാക്കുന്നത് എന്നിട്ട് അവരവരുടെ തെറ്റുകളെ ഏറ്റു പറയുന്നു അവരുടെ പ്രശ്നം എന്തായിരുന്നു ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവമാണ് ആളുകളെ രക്ഷിക്കേണ്ടത് അതിന് പകരം അവരെന്തോ കരുതി അശൂര് അവരുടെ അവരുടെ ആശ്രയ അശൂരിലായിരുന്നു അസീറിയൻ രാജാക്കന്മാർ അവർ ഞങ്ങളെ രക്ഷിക്കും അയ്യോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി ഞങ്ങൾ ദൈവമെ നിന്നിൽ ആശ്രയിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരിൽ ആശ്രയിച്ചു പോയി എന്നുള്ളത് അവർ കൺഫസ് ചെയ്യുക അവരേറ്റു പറയുക രണ്ടാമത് പറയുന്നു കുതിരപ്പുറത്ത് കയറി ഓടുകയോ കുതിരപ്പുറത്ത് കയറി ഓടുക എന്ന് പറയുമ്പം നമ്മൾ മറ്റു പല ഭാഗങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പം അതാരെ കാണിക്കുന്നു അത് മിസ്രൈമിനെ കാണിക്കുന്നു മിസ്രൈമിലെ കുതിരകൾ കുതിരയെന്ന് പറയുമ്പം കുതിരയെന്ന് പറയുന്ന ആ കാര്യം മിശ്രൈമിനോട് ഈജിപ്റ്റിനോടുള്ള അവരുടെ ആശ്രയത്വത്തെ കാണിക്കുന്നു ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യില്ല കയറി ഓടുകയില്ല എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളുടെ കൈവേലയോട് വിഗ്രഹമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ തന്നെ കൈവേലയാണ് ഒരു പള്ളിയിലോ ഒരു ക്ഷേത്രത്തിലോ ഇരിക്കുന്ന വിഗ്രഹം നോക്കുക അതാരുണ്ടാക്കിയതാണ് ദൈവം ഉണ്ടാക്കിയതാണെന്നു അല്ല മനുഷ്യൻ തന്നെ അവൻ്റെ കൈവേല കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ധനം ആരുണ്ടാക്കിയതാണ് അവൻ്റെ തന്നെ കൈവേലയാണ് അവന് സമൂഹത്തിൽ ഉണ്ടാ കിട്ടിയ ആ പുകഴ്ച ആരുണ്ടാക്കിയതാ അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കൈവേലയാണ് വിഗ്രഹമാണ് കൈവേലയോട് ഇനി എന്താ പറയുക ഞങ്ങളുടെ ദൈവമേ എന്നുവെച്ചാൽ വിഗ്രഹത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുകയില്ല എന്നിട്ട് ഒടുവില പറയുക അനാഥന് വേറെ എങ്ങും ആശ്രയമില്ലാത്തവന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ചെറുപ്പക്കാരൻ കർത്താവെ എന്നെ കൊണ്ട് നീ എന്നെ ഈ വെളിച്ചം കാണിച്ചു പക്ഷേ എനിക്ക് ഈ മോഹത്തിൽ നിന്ന് മാറാനോ വിഗ്രഹത്തെ എടുത്ത് മാറ്റാനോ പറ്റുന്നില്ല ഞാൻ കഴിവില്ലാത്തവനാണ് ഞാൻ അനാഥനാണ് അയാമൻ ഓർഫൻ എനിക്ക് സഹായിപ്പാൻ ആരുമില്ല അനാഥൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അനാഥൻ എന്ന് പറഞ്ഞാൽ ആരും നാഥൻ ഇല്ലാത്തവനാണ് എന്നെ സഹായിപ്പാൻ ആരുമില്ല അശൂരുണ്ടെന്ന് ഞാൻ വിചാരിച്ചു അത് ശരിയല്ലെന്ന് മനസ്സിലായി ഈജിപ്ത് മിശ്രമുണ്ടെന്ന് വിചാരിച്ചു അത് ശരിയല്ലെന്നെനിക്ക് മനസ്സിലായി നിന്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഉണ്ടാക്കി വെച്ച ഈ വിഗ്രഹങ്ങളൊന്നും എന്നെ രക്ഷിക്കയില്ലെന്നും ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് കർത്താവേ ദൈവമേ അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ സന്നിധിയിൽ അടിപണിയുക ചെയ്യുന്നു അനിതാപവാക്യത്തോടെ കടന്നു വരികയെന്ന് പറയുന്നത് ഇതാണ് അവൻ ചെയ്തത് വരെ ഇസ്രായേൽ പറഞ്ഞതാ അല്ലെ നമ്മൾ പറഞ്ഞതാണ് ഉടനെ പ്രിയപ്പെട്ടവരെ മനോഹരമായ ചില കാര്യങ്ങൾ അതിനെ തുടർന്ന് ദൈവം ചെയ്യുന്നു ദൈവം പറയുന്നു ദൈവം പറയുന്നത് എന്താ സാരമില്ല മോനെ മനുഷ്യരാൽ അസാധ്യം ഞാൻ എന്താക്കിത്തരാം ഞാനത് സാധ്യമാക്കിത്തരാം സാധ്യമാക്കിത്തരാം ഞാൻ എന്തോ ചെയ്യും ഞാൻ നിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എടാ ഇട നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പിന്മാറ്റക്കാരാ നീ മടങ്ങി വ എന്നല്ലേ നമ്മൾ പറഞ്ഞു തരും പിന്മാറിപ്പോയിരിക്കുന്ന സവോരാ നീ നീ മടങ്ങി വ ഇവിടെ കർത്താവ് പറയുക നിൻ്റെ പിന്മാറ്റത്തെ ഞാൻ തന്നെ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ കാര്യം നിന്നെക്കൊണ്ടോ സാധ്യം എന്നെക്കൊണ്ട് സാധ്യം കണ്ടോ ഞാൻ നിങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചു സൗഖ്യമാക്കും മാത്രമാണോ നോക്ക് അവനെ ഔദാര്യമായിട്ട് സ്നേഹിക്കും ഓ അനുതാപവാക്യത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നവനെ കർത്താവ് എന്തോ ചെയ്യും കർത്താവ് കൂടുതൽ സ്നേഹിക്കും ഔദാര്യമായിട്ട് സ്നേഹിക്കും എന്നിട്ട് അവനെന്ത് ചെയ്യും താമര പോലെ പൂത്ത് നമ്മളെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിൽ താമരയിൽ നിന്നൊരു കാര്യമില്ല എന്നു വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ മലയാള ഭാഷയിലേക്ക് ഈ സഹോദരന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ലില്ലി ലില്ലി എന്നുള്ള ഭാഗമാണ് എന്താക്കി മാറ്റിയത് താമരേന്നാക്കിയത് നമ്മുടെ ഇന്ത്യനൈസ് ചെയ്യാനായിട്ട് വേണ്ടി അന്ന് ഇവർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ലില്ലി പുഷ്പമൊക്കെ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുകയല്ല എന്ന് വിചാരിച്ച് അവർ താമരേന്നാക്കി ആട്ടെ നമ്മളിപ്പം അതിൻ്റെ ആ കാര്യമെടുത്താൽ മതി നമ്മൾ മൊത്തം എഴുത സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളും കർത്താവ് പറയുന്നിടത്തും നിങ്ങൾ താമരയെ നോക്കുകയും എന്നാ മലയാളത്തിൽ ഏഹ് അത് നോക്കുന്നില്ല എന്നാൽ ശലോമോൻ പോലും അത്രയും മനോഹരമായിട്ടിരുന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് സത്യത്തിൽ എന്താ ലില്ലിന്നാ ലില്ലീന്ന അപ്പം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ലില്ലി എന്നാ ലില്ലി ആയാലും താമര ആയാലും ഇതിൻ്റെ ആശയമെന്താ സഹോര സഹോരി നീ ഇതേ വരെ ആർക്കും ഒരു സൗന്ദര്യമുള്ളതല്ലായിരുന്നു നിന്നെ സൗന്ദര്യമുള്ളതാക്കും ഒരു ലില്ലിപുഷ്പത്തെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു താമരയെ കണ്ടാൽ കണ്ണുള്ളവർ നോക്കി നിൽക്കും അല്ലേ നോക്കി നിൽക്കും ഏ ആരാണെങ്കിലും തിരിഞ്ഞ് നോക്കിപ്പോകും എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ളതാ താമര നിന്നെ എന്താക്കും നിന്നെ താമര പോലെ ആക്കും കണ്ടോ കർത്താവ് നമ്മൾ അനുതാപവാക്യത്തോടെ ഇസ്രായേലിൽ ചെന്ന് പറഞ്ഞു കർത്താവേ ഞാൻ അനാഥന അനാഥനാണ് അനാഥന് തിരുസന്നദ്ധിയിൽ കരുണ ലഭിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ ദൈവസന്നധിയിൽ അടിപണിഞ്ഞപ്പം ഉടനെ ദൈവം പറയുക മോനെ പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ നിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും ഞാൻ നിന്നെ ഔദാര്യമായിട്ട് സ്നേഹിക്കും എണ്ണമിട്ട് കണ്ടോ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരും ഉണർന്നിന്നാട്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ബ്ലസ് ബ്ലസ് കവിഞ്ഞൊഴുകുന്ന പറയുന്നത് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഇവിടെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമില്ല എന്ന് ഇനി ആരും പറയരുത് നമ്മൾ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെ ചെയ്യും ഒന്ന് നിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും രണ്ട് നിന്നെ ഔദാര്യമായിട്ട് സ്നേഹിക്കും ജനറസ് ഇന്നിതാ നിന്നിൽ ഫലം ഒലിവൃക്ഷം രണ്ട് കാര്യത്തെയാണ് കാണിക്കുന്നത് ഒന്ന് ഫലമുണ്ട് രണ്ട് തണലുണ്ട് ലെബനോൻ രണ്ട് കാര്യത്തെയാണ് കാണിക്കുന്നത് ഒന്ന് കരുത്തുണ്ട് സ്ട്രെങ്ത് ഉണ്ട് കരുത്തുണ്ട് അതുപോലെ സുഗന്ധമുണ്ട് ആ മാത്രമോ മുന്തിരിവള്ളി മുന്തിരിവള്ളി നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവ് പറയുന്നത് മുന്തിരിവള്ളി ഓ ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന ആ മുന്തിരിവള്ളിയുടെ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഇതെല്ലാം നമുക്ക് തരും ഇതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളു നമ്മൾ ചെന്ന് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പം കർത്താവ് നമ്മളെ എന്താക്കി തീർക്കും കർത്താവ് നമ്മുടെ ഈ നിലയിലുള്ള നമ്മുടെ സമ്പന്നത വിട്ട് നമുക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കത്തക്കവണ്ണം നമ്മളെ ചെറിയതാക്കി തീർക്കും നമ്മൾ വായിച്ചെടുത്ത ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ ദൈവരാജ്യത്തേക്ക് കടക്കുന്നതിന് എന്തിനാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുക അത് ചിലർ പറയുന്നത് അന്നുണ്ടായിരുന്ന ഒരു എരിശിലേമിലേക്കുള്ള ഒരു വാതിലിൻ്റെ പേരാണ് സൂചിക്കുഴ ഒട്ടകങ്ങളെ വളരെ കഷ്ടപ്പെട്ട് അതിലൂടെ കിടക്കുക അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട് എന്തായാലും ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ഒട്ടകം വളരെ വളരെ വളരെ ചെറുതാകണം ഒരു ഒരു നമുക്കറിയാവുന്ന സൂചിക്കുഴയാണെങ്കിൽ അതിലൂടെ ഒരൊട്ടകത്തിന് കിടക്കണമെങ്കിൽ ഒട്ടകം എന്തോ വേണം ഏറ്റവും ചെറിയ ഒരു ഉറുമ്പായിത്തീരണം ഒട്ടകം വന്ന് നിൽക്കുക നീ ഒരൊട്ടകമാണ് നിൻ്റെ പുറത്ത് നിന്നെക്കുറിച്ച് തന്നെയുള്ള പ്രശംസയുടെ പാണ്ഡക്കെട്ടുകളായിരിക്കുന്നത് ദൈവജനം നിന്നോട് പറയുന്നു നിനക്ക് തന്നെ നിൻ്റെ സമ്പന്നതയുണ്ട് അതാണ് നിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ആ പൂണി ഇതുമെല്ലാം വെച്ചുകൊണ്ട് എൻ്റെ പൊന്നൊട്ടകമേ നിനക്ക് ഈ സൂചിക്കുഴയിലൂടെ കടക്കാൻ ഒക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒട്ടകം തന്നെ തന്നെ നോക്കി അത് കണ്ടേച്ചു പറയും എൻ്റെ പൊന്നെ എനിക്ക് കടക്കാൻ ഒക്കുകയില്ല എന്നെ കൊണ്ട് കടക്കാനൊക്കുകയില്ല എന്നെ സഹായിക്കണം മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് പറഞ്ഞല്ലോ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒട്ടകം ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ ദൈവം എന്തോ ചെയ്യും ദൈവം ഉടനെ ഒട്ടകത്തിന് കടക്കത്തക്ക വിധത്തിൽ സൂചിക്കുഴ വലുതാക്കും എന്നാണോ നമ്മൾ കരുതുന്നത് അങ്ങനെയില്ല അങ്ങനൊരു പരിപാടിയില്ല ആഹാ ഓ അങ്ങനെയൊക്കെ ബ്രതറെ ഇങ്ങനെയൊക്കെ തലനാരിഴ കയറണു കുറച്ചൊക്കെ മനുഷ്യനായാൽ കുറച്ചൊരു സ്വയപ്രശംസയും കുറച്ച് പൈസയുള്ളവർ കുറച്ചൊരു അവരുടേതായ കുറച്ച് ജാടയൊക്കെ കാണിക്കും അതൊക്കെ സഭയിൽ അനുവദിച്ചാൽ എന്താ അവരെയൊക്കെ കമ്മിറ്റിയിലൊക്കെ എടുത്ത് അവരെ കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം സൂചിക്കുഴ വലുതാക്കുക സൂചിക്കുഴ വലുതാക്കുന്ന പരിപാടിയില്ല പിന്നെന്തോ വേണം ഒട്ടകത്തെ ചെറുതാക്കി ഒരു കൊച്ചു ഉറുമ്പാക്കി സൂചിക്കുഴയിലൂടെ കിടക്കും ഇതാർക്ക് സാധ്യം ദൈവത്തിന് സാധ്യം നമുക്ക് വല് നോക്കുമോ നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം അനിതാപവാക്യങ്ങളോടെ ചെന്ന് നിങ്ങളെ ഹോശിയാ പ്രവചനത്തിൽ ആ മൂന്ന് കൂട്ടർ പറയുന്നു ഒന്ന് പ്രവാചകൻ അവരുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നു നിങ്ങളുടെ പ്രശ്നം ഇതാ ഇതാ ഇതാ നിങ്ങളെന്തു ചെയ്യുക അനിതാപവാക്യങ്ങളോടെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ല് അത് കേട്ട ഉടനെ ഇസ്രായേൽ ചെന്ന് അനിതാപവാക്യങ്ങളോടെ പറയുക കർത്താവെ ഞങ്ങൾ ഇതുവരെ അശൂരിനെ ആശ്രയിച്ചു ഞങ്ങൾ മിശ്രൈമിനെ ആശ്രയിച്ചു വിഗ്രഹങ്ങളോട് ഞങ്ങളെന്തോ പറഞ്ഞു ഞങ്ങളുടെ കൈവേലയായ വിഗ്രഹങ്ങളോടെ ഞങ്ങളുടെ ദൈവമേ അതിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്തു ഇനി അതൊന്നും ഉണ്ടാകുകയില്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ചെറുതാക്കാൻ ഒക്കുകയില്ല ഞങ്ങൾ അനാഥരാണ് എന്ന് പറഞ്ഞപ്പം കർത്താവ് പറയുന്നു അടുത്തത് കർത്താവ് പറയുന്നതാണ് ദൈവം പറയുന്നതാ നിങ്ങൾ പേടിക്കണ്ട മനുഷ്യരല്ല സാധ്യം ദൈവത്താൽ സാധ്യം ഞാൻ ചെയ്യാം ഇത്രയും നിങ്ങൾ വന്നപ്പോൾ നിങ്ങളങ്ങനെ അനുതാപവാക്യങ്ങളോടെ നിങ്ങളെ തന്നെ കണ്ട് ഏൽപ്പിച്ചു തന്നാൽ ഞാൻ എന്തു ചെയ്യാം ഈ സൂചിക്കുഴയ്ക്ക് ഒത്തവണ്ണം നിങ്ങളെ ചെറുതാക്കി ഇതിലൂടെ കടത്താം കടത്താം ഞാൻ നിങ്ങളുടെ ഞാൻ തന്നെ നിങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും ഞാൻ തന്നെ നിങ്ങളെ താമര പോലെ സൗന്ദര്യമുള്ളവരാക്കും ഞാൻ തന്നെ ഇനി നിങ്ങളെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ തന്നെ ഇനി ലെബനോൻ വനത്തിലെ വൃക്ഷങ്ങളെപ്പോലെ നിങ്ങളെ കരുത്തുള്ളവരും ഓ സുഗന്ധമുള്ളവരുമാക്കി തീർക്കും ഞാൻ തന്നെ നിങ്ങളെ ഒലിവൃക്ഷങ്ങളെപ്പോലെ തണലും ഫലവും ആത്മാവിൻ്റെ ഫലങ്ങളും ഉള്ളവരാക്കി നിങ്ങളെ തീർക്കും നിങ്ങളെ പരിശുദ്ധ ആത്മാവിനാൽ മുന്തിരിവള്ളിയുടെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്കറ്റുപോയോ ഞാൻ വീണ്ടും വീഞ്ഞ് നിറച്ച് തരും മുന്തിരിവള്ളിയുടെ അനുഭവം തരും എന്നെല്ലാമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് കർത്തർമേശയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം